ഇഹുനാമത്തിന് മഹത്വം നമുക്ക് ഒരു ചെറിയ വാക്യം രണ്ട് കൊരിന്തേർ നാലാമധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യം ഒരു ചെറിയ വാക്യമാണ് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ഇവിടെ പറയുന്ന കാര്യം നമുക്ക് അപരിചിതമായ ഒരു കാര്യമല്ല ഇവിടെ എന്താ പൗലോസ പറയുന്നത് പൗലോസ പറയുന്നത് കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യം നമ്മളിന്ന് പല കാര്യങ്ങൾ കാണുന്നുണ്ട് ഈ ലോകം നമ്മളായിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചം നമ്മളിടപെടുന്ന ആളുകൾ പലതിനെ നമ്മൾ കാണുന്നുണ്ട് കാണുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെയാണ് നിത്യം എന്നങ്ങ് ചിന്തിച്ചു പോകാനൊരു സാധ്യതയുണ്ട് അല്ലേ നമ്മളിന്ന് ആളുകളെ നോക്കിയ ആളുകളൊക്കെ ഈ കാണുന്ന കാര്യങ്ങളാണ് സത്യം അവിടെ നമുക്കൊരു നേട്ടമുണ്ടാക്കണം എന്നുള്ള നിലയിൽ അതിനുവേണ്ടി ഇതാണ് നിലനിൽക്കുന്നത് എന്നുള്ള നിലയിൽ അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലവരൊക്കെ അത് കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള മത്സരത്തിലാണ് അവരൊക്കെ കാണുന്നത് താൽക്കാലികമാണ് എന്ന് പലപ്പോഴും ആളുകൾ ഓർക്കുന്നില്ല ആളുകളെ എന്തിനാ പറയുന്നത് നമ്മൾ തന്നെ എത്ര പേര് ഈ കാര്യം ഓർക്കുന്നുണ്ട് ഈ കാണുന്നതൊക്കെ താൽക്കാലികവും കാണാത്തതാണ് നിത്യം കാണാത്തതാണ് നിത്യം അതുകൊണ്ട് പൗലോസ് പറയുന്നു ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടെങ്കിൽ അതായത് ഈ കാണുന്ന കാര്യം ഈ ലോകം ഈ ലോകം അതിൻ്റേതായ ഒരു ക്രമം ഈ ലോകത്തിന് അതിൻ്റേതായ ഒരു ക്രമമുണ്ട് അതിൻ്റേതായ ഒരു സംവിധാനമുണ്ട് അതെന്താ ഈ ലോകത്തിൻ്റെ സംവിധാനം എന്താ ലവ് നോട്ട് ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ പുസ്തകത്തിൽ വാച്ച്മാനിന്ന് പറയുന്ന ദൈവഭൃത്തനെ ഈ കാര്യം പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ഒരു ക്രമമെന്ന് പറയുന്നത് അത് കഴിവുള്ളവൻ അവനാണ് അതിജീവിക്കപ്പെടുന്നത് അവനാണ് നേട്ടമുണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളെന്തു വേണം നമ്മൾ ഈ ലോകത്ത് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ മത്സരിച്ച് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കണം താഴെ വീഴുന്ന ഒരാളിനെ ചവിട്ടി മതിച്ചാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം ഇങ്ങനെയൊക്കെയാണ് ഈ ലോകമുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രമം നമ്മൾ സ്കൂളിലൊക്കെ എൽ കെ പഠിക്കുന്ന കുഞ്ഞൊക്കെ വന്ന് പറയില്ലേ മമ്മി എനിക്കാ ഒന്നാമത്തെ റാങ്ക് എനിക്കാ ഏ അല്ലെങ്കിൽ വന്ന് പറയുക എനിക്ക് മൂന്നാമത്തെ റാങ്കേ ഇത്തവണ കിട്ടിയുള്ളൂ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വരിക എന്താ ഓ എനിക്ക് മൂന്നാമത്തെ റാങ്കേ കിട്ടിയുള്ളൂ ചെറുപ്പം മുതൽ എൽ കെ ജി മുതൽ നമ്മൾ നമ്മുടെ ഈ ലോകം ആളുകളെ ഒരു കോമ്പറ്റീഷനാണ് പ്രേരിപ്പിക്കുന്നത് ആ മത്സരിക്കുക നിന്നേക്കാൾ നീ ഒട്ടും മോശമല്ല എല്ലാ രീതിയിലും നീ മുകളിലേക്ക് വരിക മുകളിലേക്ക് വരിക അങ്ങനെ ഒരു ക്രമമാണ് ഈ ലോകമുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ ജയിക്കുന്ന ആൾ നേട്ടം കൊയ്യുന്ന ആൾ ജയിച്ചു അല്ലാത്തയാൾ തോറ്റു ഇങ്ങനെ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളെ അങ്ങ് വെച്ചിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങളെ ആരെ സ്കൂളിൽ വിടേണ്ടെന്നോ അവർ പരീക്ഷയിൽ റാങ്ക് വാങ്ങരുതെന്നോ ഒന്നുമല്ല പറഞ്ഞത് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വേണ്ടത് മതി പക്ഷേ ഈ ലോകത്തിൻ്റെ ഒരു മത്സരത്തിൻ്റെ മനോഭാവം അതിൻ്റെ ഒരു ആത്മാവ് നമ്മളെ ആവേശിക്കരുത് കാരണം ഈ കാണുന്നത് എന്താ കാണുന്നത് താൽക്കാലികം കാണാത്തതാണ് നിത്യം പ്രിയപ്പെട്ടവരെ ഇത് കേവലം എനിക്ക് പത്ത് വട്ടം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ വാക്യങ്ങൾ എഴുന്നേറ്റ് വായിച്ചത് കൊണ്ടോ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെ മാറ്റുകയില്ല മറിച്ച് ഇത് നമുക്കൊരു വെളിപ്പാടായിട്ട് ലഭിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മനോഭാവങ്ങളിലൊക്കെ ഒത്തിരി വ്യത്യാസം വരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് കർത്താവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം അതിനെ കർത്താവ് അഭിമുഖീകരിച്ച ഒരു ഭാഗം നമുക്ക് വളരെ പരിചിതമാണ് മത്തായി എഴുതിയ സുശേഷം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ നമ്മളൊരു ചെറിയ സംഭവം കാണുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു ബെധാന്യയിൽ കുഷ്ഠയോഗിയായ ശീമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലെന്നിറഞ്ഞ ഒരു വെൺകൽപ്പരണി എടുത്തും അടുക്കൽ വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അതവൻ്റെ തലയിൽ ഒഴിച്ചു ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറും ചെലവ് എന്തിന് ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അതിൻ്റെ മറുപടി എന്താ യേശു പറഞ്ഞു സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേലൊഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആ ഭാഗം അവിടെ അവസാനിക്കുക മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രമല്ല മർക്കോസിലും ഈ കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനാലാമത്തെ അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലും ഈ സംഭവം പറയുക പതിനാലിൻ്റെ മൂന്ന് മുതൽ അവൻ ബഥാനിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ സ്വച്ഛജമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ചു ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു ആളുകൾ പറഞ്ഞു ഇതെന്തിനാണ് ഈ വെറും ചെലവ് എന്തിനാണ് ഇത് മുന്നൂറ്റിലധികം വെള്ളിക്കാശിന് വിറ്റ് മുന്നൂറ്റിലധികം വെള്ളിക്കാശിന് വിറ്റ് അത് പ്രയോജനപ്പെടുത്താമായിരുന്നല്ലോ യേശു പക്ഷേ അവളെ അവൾ അവളുടെ ഭാഗത്താണ് നിൽക്കുന്നത് യേശു പറയുന്നു അവൾ തന്നാൽ ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു മത്തായിൽ നമ്മൾ വായിച്ചു മർക്കോസില് വായിച്ചു യോഹനൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും ഈ കാര്യം തന്നെ കാണുന്നുണ്ട് അവിടെ ആ വന്ന സ്ത്രീയുടെ പേരും അവിടെ പറയുന്നുണ്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ അറിയാം ലൂക്കോസിൻ്റെ സുശേഷത്തിലും ഏതാണ്ട് സമാനമായ ഒരു ഭാഗമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായത്തിൽ ഏഴാമധ്യായത്തിൽ ഏതാണ്ട് ഇത് തന്നെയാണെന്ന് തോന്നുന്ന ഒരു സംഭവം യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഏഴാമധ്യായം അതിൻ്റെ മുപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ യേശു ഒരു പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനെരുന്നു പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വന്ന് പരിമള തൈലം കൊണ്ടുവന്നു പുറകിൽ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീർ കൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം എന്ന് വിചാരിക്കും എന്നാൽ നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മത്തായിലും മർക്കോസിലും യോഹന്നാനിലും പറയുന്നത് ഒരു സംഭവമാണ് എന്നാൽ ലൂക്കോസ് ഏഴാം അധ്യായത്തിൽ പറയുന്നത് വേറൊരു സംഭവം നമ്മൾ അതിൻ്റെ ഏഴാം അധ്യായം എൻ്റെ ഒന്നാമത്തെ വാക്യം നോക്കുമ്പോൾ അവൻ കഫർനഹൂമിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കഫർണഹൂം എന്നുള്ള പ്രവിശ്യയിൽ നയീൻ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ വെച്ചാണ് നടക്കുന്നത് ഈ കഫർണഹൂമാകട്ടെ നയീനാകട്ടെ ഇതൊക്കെ ഗലീലിയ എന്ന് പറയുന്ന ആ പ്രോവിൻസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭൂപടം നമ്മുടെയൊക്കെ ബൈബിളിൻ്റെ പുറകിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇസ്രായേല് നമ്മൾ കേരളം പോലെ മൂന്നായിട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് അറിഞ്ഞുകൂടാ പഴയ ആളുകൾക്കറിയാം കേരളവും മൂന്നായിട്ട് തിരിഞ്ഞായിരുന്നു കിടന്ന് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്ന് പറയുന്നത് പോലെ ഈ ഇസ്രായേലിൻ്റെ ഭൂപടത്തിലും മൂന്നായിട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത് അങ്ങേ വടക്കേ അറ്റം മലബാർ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഗലീലിയ നടുക്ക് കൊച്ചി എന്ന് പറയുന്ന പോലെ ശമരിയ ഇങ്ങ് തെക്കേ അറ്റം നമ്മൾ തിരുവിതാംകൂർ എന്ന് പറയുന്നത് പോലെ ആ ഭാഗം യഹൂദ്യ ഇവിടെ ഇതാ മത്തായിലും മർക്കോസിലും യോഹന്നാനിലും നടക്കുന്ന സംഭവം അത് യഹൂദ്യിൽ യരിശിലേം പട്ടണത്തിനടുത്തുള്ള ബഥാന്യയിൽ നടക്കുന്ന സംഭവമാണ് ബഥാന്യയിൽ അതേസമയം ലൂക്കോസിൽ പറയുന്ന കാര്യമോ ലൂക്കോസിൽ പറയുന്ന കാര്യം ഗലീലിയ ആ പ്രവിശ്യയിൽ അപ്പോൾ രണ്ടും രണ്ട് സംഭവമാണ് രണ്ടും തമ്മിൽ നിങ്ങൾ വീട്ടിൽ പോയി ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്ന് കാണാം മത്തായി ഇരുപത്തി ആറിൻ്റെ ആറ് മുതൽ പതിമൂന്ന് വരെ പറയുന്നതും മർക്കോസ് പതിനാലിൻ്റെ മൂന്ന് മുതൽ ഒൻപത് വരെ പറയുന്നതും യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെ പറയുന്നതും ഒരു സംഭവം എന്നാൽ ലൂക്കോസ് ഏഴിൽ മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തേഴ് വരെ വാക്യങ്ങൾ പറയുന്നത് മറ്റൊരു സംഭവം ഏതായാലും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം യേശുവിൻ്റെ അടുക്കൽ വന്ന് ആ പരിമള തൈലത്തിൻ്റെ കുപ്പി പൊട്ടിച്ച് യേശുവിൻ്റെ ആ പാദത്തിൽ പൂശുകയോ ചിലടത്തെ തലയിൽ ഒഴിച്ചു എന്നാണ് രണ്ടായാലും യേശുവിൻ്റെ ദേഹത്ത് ഈ തൈലം പൂശിയ ഒരു സ്ത്രീ അങ്ങനെ ഒരു സംഭവം നാല് സുവിശേഷങ്ങൾക്കാരും നാല് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ മത്തായിയും മർക്കോസും യോഹന്യാനും രേഖപ്പെടുത്തിയ ബധാന്യയിലെ സംഭവമാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത് അവിടെ നമ്മളീ പറഞ്ഞ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും ആ സ്ത്രീ അവൾ കർത്താവിൻ്റെ അടുത്ത് വന്ന ഒരു ശുശ്രൂഷ ചെയ്യുക കർത്താവിൻ്റെ അടുത്ത് വന്നാൽ ചെയ്ത ആ ശുശ്രൂഷയെ കർത്താവ് എന്താ പറയുന്നത് അവൾ തന്നാൽ ആവധി ചെയ്തു ഷീ ഡിഡ് വാട്ട് ഷീ കുട്ട് അവൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവൾ ചെയ്തു പ്രിയപ്പെട്ടവർ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളും വ്യത്യസ്തരായ ആളുകൾ ആ ആളുകളുണ്ട് വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് പല തലത്തിലുള്ള ആളുകളാണ് പക്ഷേ നമ്മളെല്ലാവരെ സംബന്ധിച്ചും ഈ ഒരു വാക്യം അന്വർത്ഥമായിരിക്കണം അവൻ അവനാൽ കഴിവത് ചെയ്തു അവൾ അവളാൽ കഴിവത് ചെയ്തു യേശുവിനോടുള്ള ബന്ധത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ അവൾ എന്താ ചെയ്തത് അവളുടെ കയ്യിൽ ആ സ്വച്ഛജമാംസി തൈലമുള്ള ആ പാത്രം ഉണ്ടായിരുന്നു അത് ഉടച്ച് അവനെ അവൻ്റെ അവൻ്റെ പേരിൽ ആ തൈലം പൂശി ആ തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് ആ വീട് മുഴുവൻ നിറഞ്ഞു വീട് മുഴുവൻ നിറഞ്ഞു അവളുടെ ശുശ്രൂഷയെന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു സ്നേഹത്തിൻ്റെ ശുശ്രൂഷ സ്നേഹമാണ് അവളെ അതിന് പ്രേരിപ്പിച്ചത് യോഹന്നൻ്റെ സുവിശേഷത്തി വരുമ്പോൾ ആ കാര്യം ചെയ്തത് മറിയാണെന്നാണ് പറയുന്നത് മറിയാണെങ്കിൽ തൻ്റെ സ്വന്തം സഹോദരനെ ഉയർപ്പിച്ച യേശുവാണ് ആ യേശുവിന് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് അവൾ രണ്ടും നാലും ഒക്കെയായിട്ട് സൂക്ഷിച്ചു വെച്ച പണം കൊണ്ട് ഏഹ് നമ്മുടെ ഇന്നത്തെ നാട്ടു ഭാഷയിൽ പറഞ്ഞ സ്ത്രീകൾ അവർക്ക് നമ്മുടെ നാട് പോലൊക്കെ തന്നെയായിരുന്നു അന്നത്തെ മിഡിൽ ഈസ്റ്റും അന്നത്തെ യഹോദ്യാനാട് സ്ത്രീകൾ ജോലിക്ക് പോകുമായിരുന്നില്ല ഇന്ന് സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ജോലിക്ക് പോകുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഏഹ് താരതമ്യേന പുരുഷൻ്റെ കയ്യിൽ നിന്ന് വല്ലതും ഒരു ചിട്ടിലറ വല്ലതും കിട്ടിയിട്ട് വേണം സ്ത്രീക്ക് എന്ത് ചെയ്യാൻ അതൊക്കെ അവൾക്ക് സൂക്ഷിച്ചു വെക്കാനും അവളുടേതായ ആവശ്യങ്ങൾക്ക് എടുക്കാനും ചില സൗകര്യമാർ പറയല്ലേ കോഴിമുട്ട വിറ്റും ഒക്കെ ഇച്ചിരി പൈസ സൂക്ഷിച്ചു വെച്ചതാണ് എന്തോ ചെയ്യുക അത് പെൺകൊച്ചു വന്നപ്പോൾ അവൾക്ക് കൊടുത്തു വിട്ടു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ എന്നുവെച്ചാൽ പുരുഷൻ്റെ കയ്യിൽ പണമുണ്ട് സ്ത്രീയുടെ കയ്യിൽ എന്തില്ല സ്ത്രീ പുരുഷൻ്റെ കയ്യിൽ നിന്ന് വല്ലതും ഇച്ചിരി വല്ലതും പൊഴിഞ്ഞ് കിട്ടുന്നത് സൂക്ഷിച്ചു വെച്ച് അല്ലെങ്കിൽ അവൾ അവളുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു കൃഷി ചെയ്ത് അതിൽ നിന്നുണ്ടാക്കിയത് നാല് കോഴിയെ വളർത്തി അതിൻ്റെ മുട്ട വിറ്റ് കിട്ടിയതൊക്കെ ആയിട്ട് നമുക്ക് മനുഷ്യനെന്നും എക്കാലത്ത് ഒരുപോല നമുക്ക് ഓർക്കാൻ ഈ മറിയേയും ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചൊക്കെ വെച്ച ആ കൊച്ചു കാശുകളെല്ലാം എടുത്ത് അവൾ എണ്ണി നോക്കിയപ്പോൾ മുന്നൂറ് വെള്ളിക്കാശുണ്ട് മുന്നൂറ് വെള്ളിക്കാശെന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട തുകയല്ല നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ വരുമ്പം നമുക്കൊരു കണക്ക് കാണാം ഞാൻ കണക്കിന് മോശമാണെന്നാണ് ഞാൻ തന്നെ പറഞ്ഞ് ഒരു എങ്കിലും നോക്കുക മൊത്തം എഴുതിയ സുശേഷം ഇരുപതാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരാൾ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ജോലി ചെയ്താൽ ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഒരു വെള്ളിക്കാശ് അപ്പോൾ മുന്നൂറ് വെള്ളിക്കാശെന്ന് പറഞ്ഞാൽ എന്താ മുന്നൂറ് വെള്ളിക്കാശെന്ന് വെച്ചാൽ ഏകദേശം ഒരു പുരുഷൻ്റെ ഒരു വർഷത്തെ അധ്വാനത്തിൽ കിട്ടുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണല്ലോ ചില ദിവസങ്ങളിൽ പണിയില്ല അല്ലാത്ത ദിവസങ്ങളിൽ പണിക്കൊക്കെ പോയി ഇന്നത്തെ കാലത്തെ കൂലിയുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്താൽ ഒരാൾക്ക് ഇന്ന് എണ്ണൂറ് രൂപയോ ആയിരം രൂപയോ ഏതാണ്ടാണ് കിട്ടുന്നത് ഈ തുക അത് അയാളുടെ ഒരു വർഷത്തെ അധ്വാനം മുന്നൂറ് മാറ്റി വെച്ച് ഈ തുക അങ്ങനെയാണെങ്കിൽ അതൊരു ചെറിയ തുകയല്ല കണ്ടോ കണക്ക് നമ്മൾ നോക്കിയപ്പോൾ കണക്ക് വെച്ച് നോക്കിയപ്പോൾ ഇതൊരു കൊച്ചു തുകയല്ല മുന്നൂറ് വെള്ളിക്കാശ് വരുന്ന തൈലം അവൾ വാങ്ങിയിട്ട് യേശുവിൻ്റെ പാദത്തിൽ പൂശണമെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ആയാലേ പറ്റുകയുള്ളൂ അവിടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട് അവളുടെ ഈ ശുശ്രൂഷ എന്താ ചിലവുള്ളൊരു ശുശ്രൂഷയുമോ വെറുതെ അല്ല വെറുതെ ഉള്ളൊരു ശുശ്രൂഷയല്ല മൂന്നാമത് നമ്മൾ അവളുടെ ശുശ്രൂഷയെക്കുറിച്ച് വേണമെങ്കിൽ ആ ഭാഗത്ത് തന്നെ വായിക്കാം അവളിങ്ങനെ തൈലക്കുപ്പി പൊട്ടിച്ച് യേശുവിനെ യേശുവിൻ്റെ പാദത്തിൽ പൂശിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു വീട് നിറഞ്ഞു യോഹനേൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മളത് പ്രത്യേകം എടുത്തു പറയുന്നത് കാണുന്നുണ്ട് മൂന്നാമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ മൂന്ന് തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു അപ്പോൾ അവൾ ചെയ്ത ശുശ്രൂഷ ഒരു സൗരഭ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ോക്ക ഒരു പാവപ്പെട്ട സ്ത്രീ അവൾ സ്നേഹത്തോടെ ചെയ്ത ഒരു ഒരു ശുശ്രൂഷ അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തു അതുപോലെ തന്നെ അതൊരു ചിലവുള്ള ശുശ്രൂഷയുമായിരുന്നു അതൊരു സൗരഭ്യത്തിൻ്റെ ശുശ്രൂഷയുമായിരുന്നു പക്ഷേ ഈ ശുശ്രൂഷ ഇങ്ങനെ ചെയ്ത് അവൾ കർത്താവിൻ്റെ പാദത്തിൽ ഇത് പൂശിക്കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ എന്താ പറഞ്ഞു ആളുകൾ പറഞ്ഞു ആളുകൾ ആളുകളെല്ലാം കണ്ടു നിന്ന ആളുകൾ അവരെല്ലാം ഒരു തട്ടിലായിരുന്നു അവരെല്ലാം പറഞ്ഞു ഓ ഇതൊരു വേസ്റ്റാണ് മുന്നൂറ് വെള്ളിക്കാശ് ഇത്രയും കൊടുത്ത് ഈ സുഗന്ധവർഗ്ഗം വാങ്ങിച്ച് പൊട്ടിച്ച് ദാണ്ടൊഴിച്ചു ഇതോടെ എന്താ ഇതോടെ ആ വെള്ളി അത്രയും അങ്ങ് നഷ്ടമായി പോയില്ലേ ഇതിന് പുറേ ഇതെന്ത് വേണമായിരുന്നു ഇതെന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു അത് അപ്പം ചിലർ പറഞ്ഞു നമുക്ക് ഈ മുന്നൂറ് ഉള്ളിക്കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഈ സ്ത്രീക്ക് വേണമെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നല്ലോ പാ പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ അവർക്കെല്ലാം ഒരു നേരം ആഹാരം കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പല തട്ടിലായതിനെക്കുറിച്ച് പറയുന്നു ഇതിൻ്റെ അകത്ത് നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചാലറിയാം യോഹന്നാൻ ഇതിനെക്കുറിച്ച് ഒരല്പം ഗവേഷണം നടത്തി യോഹന്നാൻ ഒടുവിൽ എഴുതിയ ലേഖനമാണ് ഒരു സുവിശേഷമാണല്ലോ അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു ഈ ഇങ്ങനെ അഭിപ്രായപ്പെട്ട ആളുകളൊക്കെ പൊതുജനമാണെന്ന് ചിലയിടത്ത് പറയുന്നു ചിലയിടത്ത് പറയുന്നു അവൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്നു എന്നാൽ യോഹനാൻ കുറച്ചുകൂടെ പറയുന്നു യോ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ ഇസ്കരിയോത്തായൂതയാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു ഇസ്കരിയോത്തായൂത കണക്കിന് വളരെ മിടുക്കനായിരുന്നു കാര്യം നമുക്കറിയാം കർത്താവിൻ്റെ പണസഞ്ചി സൂക്ഷിച്ചിരുന്ന ആളൊക്കെയാണ് അപ്പം ഈ സ്ത്രീ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ സൗരഭ്യം കൊണ്ട് ഈ വീട് നിറയ്ക്കുകയോ ചെയ്തപ്പോൾ ഇസ്കരിയോത്തായൂത പെട്ടെന്നൊരു കണക്ക് കൂട്ടി ആ ഇത് ഇത്ര ആയിരിക്കും അത് സമം ഇത്ര അത് സമം അതിനു പുള്ളി ഇതാ ഒരഭിപ്രായം പറയുന്നു മത്തായിയോ മർക്കോസോ ആ കാര്യം പറഞ്ഞില്ല ഇസ്കരിയോത്തായൂതയാണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ല പക്ഷേ യോഹന്നാൻ എന്തോ ചെയ്തു യോഹന്നാൻ ആ രംഗം കുറച്ചുകൂടെ അടുത്ത് നിന്ന് കണ്ട് യോഹന്നാൻ പറഞ്ഞു അത് പറഞ്ഞത് ആരാന്നറിയാമോ ഇസ്കരിയോത്തായൂതായ പന്ത്രണ്ടിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെയായ നാലാമത്തെ വാക്യം എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരെല്ലാവരുമല്ല ഇസ്ക്രിയുത്ത യൂതിയാണത് പറഞ്ഞത് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ യോഹനാൻ കണ്ടോ യോഹനാനൊരു അഭിപ്രായ പ്രകടനം നടത്തുക ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല വിചാരമുണ്ടായിട്ടല്ല പറഞ്ഞ് അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടെന്ന് എടുത്തു വന്നത് കൊണ്ടും അത്രേ എന്ന് യോഹന്നാൻ എടുത്ത് ഒരു സെൻറ്റൻസ് പറയ ഒരുപക്ഷെക്രിയത്തെ യുവത വിചാരിച്ചു കാണും ഈ വെള്ളിക്കാശിന് ഈ സ്ത്രീ എന്തിനാ ഈ സുഗന്ധതൈലം വാങ്ങി ഇത് പരണി പൊട്ടിച്ച് ഇങ്ങനെ വൃതാവാക്കിയത് അതിന് ഇത് കർത്താവിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കർത്താവ് എന്തോ ചെയ്തേനെ കർത്താവ് അതിൻ്റെ ട്രഷററായ എന്നെ ഏൽപ്പിച്ചേനെ ഈ എൻ്റെ മടിശീലയിൽ ഇതും കിടന്നേനേ ആയിരുന്നു അതിന് പകരം ഇവളിത് വൃതാവാക്കി കളഞ്ഞു എന്ന് ആണ് ഈസ്കരിയോത്ത യൂത പറയുന്നത് പ്രിയപ്പെട്ടവരെ കണ്ടോ നമ്മൾ കർത്താവായി യേശു ക്രിസ്തു പക്ഷേ ഈ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ രണ്ടഭിപ്രായമാണ് സ്ത്രീ ഒറ്റയ്ക്ക് അവൾ പറയുന്നു ഞാൻ ചെയ്തത് ഒരു സ്നേഹത്തിൻ്റെ ഞാൻ ചെയ്തത് എൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവനും കൂടെ കൂട്ടിവെച്ചാണ് ചെയ്തത് ചിലവുള്ള ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് ഒരു സൗരഭ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ഏ മിനിസ്ട്രി ഓഫ് ഫ്രാഗ്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഏ ആ സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു സൗരഭ്യത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് ചെയ്തത് പക്ഷേ മറുവശത്തോ ഈ ശുശ്രൂഷയെ മറ്റുള്ളവർ മറ്റ് കണ്ടുനിന്ന ആളുകളും ശിഷ്യന്മാരും അല്ലെങ്കിൽ ഇസ്തുക്കരിത്തായ യൂതായുമൊക്കെ അവരുടെ നോട്ടത്തിൽ അവർ ഇതിനെ വിലയിരുത്തുമ്പം നമുക്ക് പറയാം ആ ശുശ്രൂഷ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അവർ തെറ്റിദ്ധരിച്ചു അവർ പറഞ്ഞു ഇതെന്തിനാ ഇങ്ങനെ ചെലവ് ആക്കി കളഞ്ഞത് ഏഹ് എന്നാൽ കർത്താവ് കർത്താവ് ഈ ശുശ്രൂഷ എന്ത് ചെയ്തു അഭിനന്ദിക്കുക ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ഇതൊരു അഭിനന്ദിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തോട് ചേർത്ത് ഇതിനെ ചിന്തിക്കുമ്പം ഇതെന്തായിരുന്നു ഇതൊരു സമയോചിതമായ ശുശ്രൂഷയായിരുന്നു കാരണം അന്ന് അവളത് കർത്താവിൻ്റെ ദേഹത്ത് തേച്ചില്ലെങ്കിൽ പിന്നീട് അവൾക്ക് തേക്കാൻ അവസരം കിട്ടുമായിരുന്നില്ല എങ്ങനെയാ നമുക്കത് പറയാൻ കഴിയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തെയും നമ്മളിത് കാണുന്നുണ്ട് കർത്താവായ യേശു മരിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ ദേഹത്ത് പൂശാനെന്നും പറഞ്ഞ് സഹോദരിമാർ ചിലര് പതിനാറാമധ്യായം മർക്കോസ് പതിനാറിൻ്റെ ആദ്യത്തെ വാക്യം ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്നലക്കാര്യത്തെ അറിയുകയും യാക്കോവിൻ്റെ അമ്മ മറിയേയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി കർത്താവപ്പം മരിച്ചു അടക്കപ്പെട്ടു ഇവർ കല്ലറയിൽ ചെല്ലുക കർത്താവിൻ്റെ ദേഹത്ത് പൂശാനായിട്ട് ആ മൃതദേഹത്തിൽ പൂശാനായിട്ട് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ എന്തോ സംഭവിച്ചു ആ ആ കൊണ്ടുപോയ സുഗന്ധവർഗം പൂശേണ്ടി വന്നോ പൂശാനിടയായോ ഇല്ല അതിനു ആരുടെ ദേഹത്തത് പൂഷണമായിരുന്നോ ആ കർത്താവ് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമുള്ളവനായി തീർന്നു അവർക്ക് പിന്നെ ആ അവരുടെ സുഗന്ധവർഗ്ഗം പൂശാനായിട്ട് ഒരു സമയം അവർക്ക് കിട്ടിയില്ല അപ്പോൾ ആ അവിടെ വന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഒന്നുമല്ലേ കർത്താവ് ജീവിച്ചിരുന്നപ്പം കർത്താവിൻ്റെ ദേഹത്ത് സുഗന്ധവർഗം പൂശാൻ ആർക്ക് കഴിഞ്ഞു മറിയയ്ക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ആ സ്ത്രീക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് അവളുടെ ശുശ്രൂഷ എന്താ സമയോചിതമായ ഒരു ശുശ്രൂഷയാണ് എന്ന് ചരിത്രത്തോട് ചേർത്ത് സമയത്തോട് ചേർത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പ്രിയപ്പെട്ടവരെ ഞാൻ എന്താ പറഞ്ഞത് ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ഇത് നമ്മൾ ഈ കാര്യത്തെ വിലയിരുത്തുമ്പം അത് സ്നേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് അത് ചിലവുള്ള ഒരു ശുശ്രൂഷയാണ് അത് സൗരഭ്യമുള്ള ഒരു ശുശ്രൂഷയാണ് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴോ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അവർ പറഞ്ഞു ഇത് വെറും ചെലവാണ് ഇവളൊരു മഠയി എന്തിനാ ഇങ്ങനെ പൈസ കൊണ്ട് കളഞ്ഞ് പെണ്ണുങ്ങൾക്കൊക്കെ പൈസയുടെ വില അറിയില്ല ഏഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും ആളുകളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കാണും അതെല്ലാം രേഖപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ ഏ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു ഇവളുടെ ശുശ്രൂഷ അവർ തെറ്റിദ്ധരിച്ചു എന്നാൽ എല്ലാം അറിയുന്ന കർത്താവ് എന്താ ചെയ്തത് കർത്താവിനാൽ അഭിനന്ദിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു അത് എന്ന് തന്നെയല്ല നമ്മൾ ആ ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ അത് സമയോചിതമായ ഒരു ശുശ്രൂഷയായിരുന്നു പിന്നീട് അവൾക്കൊരു അവസരം കിട്ടുമായിരുന്നില്ല പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷ അവൾ ചെയ്തു ഇവിടെ നമ്മൾ പറയാൻ വന്നത് ഈ കാര്യങ്ങളല്ല നമ്മൾ പറയാൻ വന്നത് ഇത് സംബന്ധിച്ച് ഇവള് ചെയ്ത കാര്യം സംബന്ധിച്ച് രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത് ഒരു കാഴ്ചപ്പാടെന്താ അവൾ പറയുന്നതും കർത്താവ് പറയുന്നതും ഒന്ന് അവൾ ശരിയാണ് ചെയ്തത് അവൾ എന്നിൽ ചെയ്തത് നല്ല പ്രവൃത്തിയാണ് നല്ലതാണ് ചെയ്തത് മറ്റോരോ മറ്റ് കണ്ടുനിന്നവരും ശിഷ്യന്മാരും സ്ത്രീത്തായൂതായുമൊക്കെ ഉൾപ്പെടെയുള്ളവരെ അതിൻ്റെ പ്രയോജനപരത എന്നുള്ള അതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ള ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് ഇതിനെ മുഴുവൻ വിലയിരുത്തുന്നത് ഇതുകൊണ്ടൊക്കെ എന്തുവാ പ്രയോജനം അതാണ് അവർ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പ്രയോജനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടി നോക്കുമ്പോൾ ഇവള് ചെയ്തതെന്താ ഭയങ്കര മണ്ടത്തരമാ ഭയങ്കര മണ്ടത്തരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിന്ന് ആയിരിക്കുന്ന കാലഘട്ടത്തെ നോക്കുക നമ്മളിന്ന് രാവിലെ പുസ്തകം എടുത്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ ആളുകളൊക്കെ എന്തുവാ പറയുന്നത് വേണ്ട ഇതേണ്ടു പോന്നു ഏഹ് രണ്ട് മൂന്ന് മണിക്കൂറ് വെറുതെ സമയവും പാഴാക്കി ഏഹ് വണ്ടിക്കൂലി മുടക്കി പെട്രോളും കളഞ്ഞ് ഇതാണ്ട് പോന്നു ഇല്ലേ ഈ സമയം കൂടെ വല്ലതും പത്ത് പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളോ വല്ല പ്രയോജനമുള്ള കാര്യവും ചെയ്യേണ്ടതല്ലേ അല്ലേ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതെന്താ ഇതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ഇന്ന് ഈ കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോൾ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില മനോഭാവങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ ഒരു മനോഭാവമാണത് നന്ദിയുടെ ഒരു മനോഭാവമാണത് അതുപോലെ തന്നെ ഓ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ചെയ്യുമ്പോൾ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഈ നിലയിൽ കൊടുത്തു കഴിയുമ്പോൾ അത് ആത്യന്തികമായിട്ടൊരു സൗരഭ്യം പരത്തുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭാഗത്തെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ദൈവദാസൻ അദ്ദേഹം ഈ തൈലത്തിൻ്റെ ഭാഗം ഈ സുഗന്ധവർഗത്തിൻ്റെ ഭാഗം അതിനോട് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തിയാ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സുഗന്ധവർഗം എന്തെ പറ്റി ഈ സുഗന്ധവർഗം കർത്താവിൻ്റെ ദേഹത്ത് പൂശിക്കഴിഞ്ഞതോടെ അതിൻ്റെ അസ്തിത്വം ഇല്ലാതായി അതങ്ങ് ഇല്ലാതായി എന്നാൽ അങ്ങനെ നഷ്ടപ്പെട്ടതിന് കർത്താവ് എന്തോ ചെയ്യുന്നു കർത്താവ് അത് മതി അവൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് പറയുക ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് അവർ നോക്കുമ്പോൾ ഇത് മടയത്തരമാണെന്ന് പറയുന്നു എന്നാൽ കുറച്ചുകൂടെ നമ്മൾ വരുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയ ലോകം തന്നെ ക്രിസ്തീയലോകം തന്നെ കർത്താവിനെ സേവിക്കുന്നുണ്ട് കർത്താവിനെ പിൻപറ്റുന്നുണ്ട് അപ്പം തന്നെ അവരതിൻ്റെ അകത്തുനിന്ന് ഒരു നേട്ടം നോക്കുന്നുണ്ടെങ്കിൽ ഇതായി ശിഷ്യന്മാരുടെയും ഇസ്കരിയോത്യോധയുടെയും പക്ഷത്താണ് അവർ നിൽക്കുന്നത് അവരെന്ത് ചെയ്യുന്നുണ്ട് കർത്താവിനെ പിൻപറ്റുന്നുണ്ട് പക്ഷേ ഈ സുഗന്ധതൈലം പോലെ നഷ്ടപ്പെടാൻ അവർ തയ്യാറില്ല തങ്ങളെ തന്നെ തങ്ങളെ തന്നെ ഇല്ലായ്മയാക്കാൻ തങ്ങളുടെ തന്നെ തങ്ങളെ തന്നെ തങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പാദത്തിൽ വെറുമാൻ കർത്താവിനായിട്ട് ഒഴിച്ചു കളവാൻ അങ്ങനെ അവർ തയ്യാറില്ല അവരെന്താ ഓ നമ്മൾ ദൈവത്തെ സേവിക്കുന്നു നമുക്കും ചില നേട്ടങ്ങൾ വേണ്ടായോ ഇങ്ങനെ കർത്താവിനെ തന്നെ തന്നെ നഷ്ടപ്പെടുത്തി സേവിക്കുന്നതിനേക്കാളും എളുപ്പമാർഗ്ഗത്തിൽ നമുക്ക് സേവിക്കാമല്ലോ ദൈവത്തെ ശരിയല്ലേ ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഇസ്കയോത്തായ യൂതായ യൂതായുമൊക്കെ യേശുവിനെ തന്നെ ശുശ്രൂഷിക്കുന്നവരാ യേശുവിൻ്റെ ശിഷ്യന്മാരാ പക്ഷെ അവർ ഈ സ്ത്രീയെപ്പോലെ ഇത് നഷ്ടമാക്കിക്കളയാതെ ഒരു കൈകൊണ്ട് ഒരു വശത്ത് കർത്താവിനെ സേവിക്കുകയും ചെയ്യുന്നു അപ്പം തന്നെ തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറുമില്ല ഇങ്ങനെയൊരു ഘട്ടത്തിൽ നോക്കുക ക്രിസ്തീയ ലോകം രണ്ട് തരത്തിലായിരിക്കുന്നു തങ്ങൾക്ക് കിട്ടാവുന്ന നേട്ടം തങ്ങൾക്ക് കിട്ടാവുന്ന പ്രയോജനം തങ്ങൾക്ക് കിട്ടാവുന്ന പേര് തങ്ങൾക്ക് കിട്ടാവുന്ന പെരുമ അതൊരു പക്ഷേ ക്രിസ്തീയ ലോകത്ത് ആയിരിക്കും ക്രിസ്തീയ ലോകത്ത് വലിയൊരു കർത്താവിൻ്റെ ദാസനും വലിയ ഒരാളും വലിയ പ്രസംഗകനും ഒക്കെയായി കിട്ടാനുള്ള ഒരു വലിയ സാധ്യതയും ഒക്കെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ പാദത്തിൽ തന്നെ തന്നെ അർപ്പിച്ച് നഷ്ടമാക്കിക്കളയുന്ന ചില ആളുകളുണ്ട് എന്നാൽ മറ്റു ചിലരോ ഭൂരിപക്ഷം വരുന്ന ആളുകളോ ഭൂരിപക്ഷം വരുന്ന ആളുകളും അവരും കർത്താവിനെ സേവിക്കുന്നുണ്ട് ഈ ശിഷ്യന്മാരെപ്പോലെ പക്ഷെ അവർ തങ്ങളെ തന്നെ ആ സുഗന്ധവർഗ്ഗം പോലെ നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല അവരതിൻ്റെ പ്രയോജനമാ നോക്കുന്നു പ്രയോജനമാ നോക്കുന്നു ഞാനിത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വാച്ച് വന്നി എന്ന് പറയുന്ന ദൈവഹൃത്യൻ തൻ്റെ ഒരു അനുഭവം ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് താന് ചൈനയിൽ ആയിരുന്നു ചൈനയിൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച് രക്തസാക്ഷിയായിട്ട് മരിച്ച ഒരു ദൈവഹൃത്യനാണല്ലോ വാച്ച് അദ്ദേഹം ഒരു ദിവസം പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ പക്ഷേ പഠനമൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം എന്തു ചെയ്തു കർത്താവിനായിട്ട് കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് ഇറങ്ങി അപ്പം തന്നെ കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴും അന്നത്തെ മെയിൻ സ്ട്രീം അന്നത്തെ മുഖ്യധാര സഭകളും മുഖ്യധാര ആളുകളും കർത്താവിനെ സേവിക്കുന്നത് പോലെയല്ല വാച്ച്മാൻ സേവിക്കാൻ തുടങ്ങിയത് താനിതിൻ്റെ അകത്ത് ഒരു ആന്തരികമായ യാഥാർത്ഥ്യം കണ്ടെത്തി കർത്താവിനായിട്ട് സമ്പൂർണമായിട്ട് തന്നെ തന്നെ നഷ്ടപ്പെടുത്തി തന്നെ തന്നെ വെറുമാക്കി തന്നെ തന്നെ ഒഴിച്ച് തന്നെ തന്നെ ആ സുഗന്ധവർഗ്ഗം പോലെ അവൻ്റെ പാദത്തിൽ നഷ്ടമാക്കി അർപ്പിച്ച് അങ്ങനെ ഒരു കാര്യമായിരുന്നു ഈ വാച്ച്മാന്യ ചെയ്തത് അങ്ങനെ ഒരു ശുശ്രൂഷ അങ്ങനെ താനെ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് ശരിക്കുമുള്ളതിൽ കൂടുതൽ പ്രായം തോന്നും കണ്ടാലിപ്പം വാച്ച്മാനിയെ കണ്ടാൽ അദ്ദേഹം ഷാങ്ഹായിലെ തെരുവിലൂടെ ഒരു ദിവസം ഒരു വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്നു പോവുക വടിയും കുത്തിപ്പിടിച്ച് നടന്നു പോവുക നടന്നു പോകുമ്പോൾ മുമ്പിൽ ഒരാൾ നടന്നു പോകുന്നു മുമ്പിൽ നടന്നു പോയ ഒരാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് വാച്ച്മാനിയോട് ചോദിച്ചു നീ വാച്ച്മാനിയല്ലേ അപ്പോൾ വാച്ച്മാനീ പറഞ്ഞോ അതെ ഞാൻ വാച്ച്മാനിയ അപ്പോൾ ഈ ചോദിച്ച ആൾ ഇദ്ദേഹത്തെ വാച്ച്മാനിയെ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു ആ അധ്യാപകൻ വാച്ചോന്നയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന കാലത്ത് നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തൊരു പ്രതീക്ഷയായിരുന്നു നല്ല മിടുക്കനായ പയ്യൻ ഏഹ് നീ പഠിച്ചു വലിയ മിടുക്കനായി വലിയ നിലയിലെത്തുമെന്ന് വിചാരിച്ചു അവസാനം നീ തലയ്ക്ക് എന്തോ ഓരോ ഓളം പറ്റിയ പോലെ തല തിരിഞ്ഞു നീ എന്തു ചെയ്തു നീ ഏതാണ്ട് യേശുവിൻ്റെ പുറകെയൊക്കെ പോയി എന്നാൽ അവിടെ പോയപ്പോഴും അവിടെ പോയി നേട്ടങ്ങൾ കൊയ്ത ആളുകളുണ്ട് വലിയ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരും വലിയ വലിയ ആളുകളുമുണ്ട് അതുപോലെ പോകാതെ നീ ഇതാ നിൻ്റെ ആരോഗ്യവും തകർന്ന് ഒരു വടിയും പിടിച്ച് ഏഹ് നീ ഇങ്ങനെ ആയിപ്പോയല്ലോ ആ അധ്യാപകൻ വാച്ച്മാൻ നീടെ കയ്യെ പിടിച്ച് പറഞ്ഞു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ കർത്താവിനെ സേവിക്കുന്നതിൽ തൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ ഒരാൾ ആ ദൈവഹൃദ്യൻ ആ ദൈവഹൃത്യനെ ലോകമെന്താ കാണുന്നത് ഷോ ഇവൻ്റെ ജീവിതം പാഴായിപ്പോയല്ലോ ഇവനൊരു വേസ്റ്റായിപ്പോയല്ലോ ഈ വെറും ചെലവ് എന്തിന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് ആ മുന്നൂറ് വെള്ളിക്കാശിനെ കുറിച്ച് ആളുകൾ പറയുന്നത് എന്താ ഇതൊരു വെറും ചെലവാണ് പാഴ്ച്ചെലവ പ്രിയപ്പെട്ടവരെ കേവലം പണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മുടെ തന്നെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏത് നിലയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വാച്ച് എന്ത് ചെയ്തു വാച്ച് വന്നി ജീവിതം സമ്പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് കൊടുത്തു അതും ഈ സുവിശേഷ ലോകത്തുള്ള നേട്ടങ്ങളുടെ ഒരു രീതിയിലല്ല അദ്ദേഹം അത് വിനയിച്ച് അത് വിനിയോഗിച്ചത് താനെ തന്നെ തന്നെ നഷ്ടമാക്കി ആക്കി അപ്പോൾ ഇതാ ലോകം പറയുന്നു തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറയുന്നു നീ എന്നെ പഠിപ്പിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഒടുവി നീ എന്തായി തീർന്നു നീ ഇത് ആരോഗ്യവും പോയി ഒന്നും ആയുമില്ല ഒരു വടിയും പിടിച്ച് നടക്കുന്നു കർത്താവിനെ സേവിക്കുക പറയുന്നു നീ ഇങ്ങനെ ആയിത്തീർന്നല്ലോ ആ എന്നദ്ദേഹം സഹുതീച്ചു വാച്ചുവാൻ നെയ്യ് തൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത് സത്യത്തെ അന്നേരം അത് കേട്ടപ്പോൾ എനിക്കും വാവിട്ട് നിലവിളിക്കാനാണ് തോന്നിയത് അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്നേക്കാർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മളെ ചില വർഷങ്ങൾക്ക് ശേഷം കാണുന്ന കാണുന്ന ചില ആളുകൾ പറയും താനൊന്നും ആയില്ലേ ഇതേവരെ എന്തൊരു താനൊക്കെ ചെറുപ്പത്തിൽ തന്നെയൊക്കെ കാണുന്ന കാലത്ത് ഇങ്ങനെ പോയാൽ ഇന്നിൻ്റെ അടുത്തൊക്കെ എത്തുമെന്നാണല്ലോ എഴുതിയത് ഒന്നും ആയില്ലേ ക്രിസ്തീയ ലോകത്ത് തന്നെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകുമായിരുന്നു വച്ചു എൻ്റെ നെയ് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വാവിട്ട് നിലവിളിക്കാനാണ് തോന്നിയത് പക്ഷെ പെട്ടെന്ന് വജുമാനി പറഞ്ഞു പെട്ടെന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായി അതായത് ഞാൻ എന്നെ തന്നെ എൻ്റെ ആ സ്വച്ഛജമാംസി തൈലത്തിലെ പാത്രത്തിൽ ഞാൻ എന്നെ തന്നെ പാഴാക്കി കളഞ്ഞ ആ തൈലത്തിൻ്റെ ഭാഗത്ത് ആ വാക്കുമുള്ള ഭാഗത്ത് ആ ഒഴിവുള്ള ഭാഗത്ത് എന്തു നിൽക്കുന്നു കർത്താവിൻ്റെ യഥാർത്ഥ തേജസ് നിൽക്കുന്നു എന്നെനിക്കൊരു കാഴ്ചപ്പാട് ലഭിച്ചു പറഞ്ഞത് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ തന്നെ ശൂന്യരാക്കുന്നിടത്താണ് എന്തുള്ളത് കർത്താവിൻ്റെ തേജസ് നിറയുന്നത് ഈ സ്ത്രീ അതുപോലെയാ അവളെ തന്നെ അവളെ തന്നെ വെറുമാക്കി കളഞ്ഞു ഉടനെ കർത്താവ് പറഞ്ഞു അവൾ തന്നാൽ ആവത് ചെയ്തു എന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഈ സന്ദേശം കൂടെ പോകും ഈ കഥയിലൂടെ പോകുമെന്നാണ് പലരും കരുതിയിരിക്കുന്നത് ആ ആ കഥയല്ല ഈ ഒരു ഈ ഒരു പ്രിൻസിപ്പിൾ സുവിശേഷത്തെ ഫോളോ ചെയ്യും യഥാർത്ഥത്തിൽ സുവിശേഷത്തിനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്താ അവിടെ ഒത്തിരി നഷ്ടപ്പെടുത്തലുകളുണ്ട് യഥാർത്ഥ സുവിശേഷം പോകുന്നിടത്തൊക്കെയും ഈ പാഴാക്കലിൻ്റെ സന്ദേശം സ്വയം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ സന്ദേശം സ്വയമില്ലായ്മയാകുന്നതിൻ്റെ ഒരു സന്ദേശം കൂടെ കൂടെ പോകും കൂടെ പോകും എന്നാണ് കർത്താവോടെ പറഞ്ഞത് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു സുവിശേഷം പ്രസവിക്കുന്നിടത്തൊക്കെയും ഈ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പോകും പ്രിയപ്പെട്ടവർ അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ നമ്മുടെ ജീവിതം നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് കൊടുക്കുന്നു ഇതിൻ്റെ അകത്ത് നമ്മളൊരു നേട്ടം നോക്കരുത് നേട്ടം നോക്കരുത് ഓ കർത്താവിനായിട്ടും ഒരു കൈകൊണ്ട് കർത്താവിനെയും പിടിച്ചു മറുകൈകൊണ്ട് ലോകത്തെയും പിടിച്ച് ഏഹ് ഇത്രയും കഷ്ടപ്പെടാതെ ഇത്രയും അങ്ങ് വെറുമാതെ കുറച്ചൂടെ എളുപ്പമാർഗ്ഗത്തിൽ കർത്താവിനെ സേവിക്കാമല്ലോ അങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടാണ് ലോകം പോകുന്നത് ഇന്നത്തെ സുവിശേഷവിഹിത ലോകവും പലരും അങ്ങനെ പോകുന്നത് കുറച്ച് ബുദ്ധിപരമായിട്ട് വലുതായിട്ട് നഷ്ടപ്പെടുത്താതെ തങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് കൊടുക്കാതെ കുറച്ച് പ്രിസർവ് ചെയ്തുകൊണ്ട് കർത്താവിനെ അങ്ങനെ സേവിക്കാമല്ലോ നമ്മൾ ഓർക്കുക ഇതേ പരീക്ഷയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പിശാജും കൊണ്ടുവന്നു കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ എന്തോ ചെയ്തു പിശാജു വന്നിട്ട് പറഞ്ഞു നീ കർത്താവിനെ ഈ ലോകം മുഴുവൻ അതിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ കാണിച്ചു നേട്ടങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു നീ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം നീ ഈ ലോകത്തുള്ളവരെ രക്ഷിക്കാനായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ച് ആ നിലയിൽ ആ രക്ഷ ഉണ്ടാക്കാനല്ലേ വന്നേക്കുന്നത് സത്യത്തെ അങ്ങനെ രക്ഷ ഉണ്ടാക്കിയാൽ ഈ ലോകത്തുള്ള ആളുകളെ മുഴുവൻ നേടുകയാണ് നീ ചെയ്യുന്നത് അത്രയും കഷ്ടപ്പെടണ്ട നീ എന്നെ ഇപ്പോൾ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഞാൻ എന്തോ ചെയ്തോളാം ഈ ലോകത്തെ ഈ ലോകത്തിൽ എനിക്കുള്ള ആളുകളെയെല്ലാം നിനക്ക് തന്നേക്കാം ഒരു എളുപ്പവഴിയാണ് കാണിച്ചത് പക്ഷേ കർത്താവ് എന്താ ചെയ്തത് കർത്താവ് ആ എളുപ്പവഴി സ്വീകരിച്ചില്ല കർത്താവ് കാൽവെറി ക്രൂശിൽ ഒന്നുമല്ലാതെ മരിച്ചു അവിടെ കണ്ടോ ഒരു പക്ഷേ അന്നത്തെ സമൂഹം പറഞ്ഞു കാണും ആ ചെറുപ്പക്കാരൻ ജീവിതം നഷ്ടപ്പെടുത്തി അവന് എന്തെല്ലാ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ തൻ്റെ ജീവിതം നഷ്ടമാക്കി പക്ഷേ കർത്താവ് അവിടെ നഷ്ടമാക്കിയെടുത്താണ് അവിടെ രക്ഷ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ നമ്മൾ നമ്മളെ തന്നെ എത്രത്തോളം ഒഴിക്കുന്നു ആ ഭാഗത്താണ് കർത്താവിൻ്റെ തേജസ് അത് വന്ന് ഫില്ല് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു വന്നത് വാച്ച്വന്നി എന്ന് പറയുന്ന ദേവദാസൻ്റെ കഥയാണല്ലോ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു പിന്നീട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു മാവോ സൈദുങ്ങിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ നിലയിലുള്ള സഭകളെയൊക്കെ വേട്ടയാടാൻ തുടങ്ങി വാച്ച് വന്നിയെ ജയിലിലാക്കി വർഷം അദ്ദേഹം ജയിലിലായിരുന്നു ജയിലിലായിരുന്നു കഥ പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിഞ്ഞുകൂടാ എന്നാലും ചരിത്രം പറയുന്നത് ആ ജയിലിൽ കിടക്കുമ്പോഴും വാച്ച് എന്തായിരുന്നു സന്തോഷഭരിതനായിരുന്നു തനിക്ക് ഈ ജീവിതം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല പുറത്ത് നടന്നാൽ കർത്താവിനായിട്ട് ജീവിക്കും പിടിച്ച് ജയിലിലിട്ടാൽ ശരി അവിടെയും കർത്താവ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ താൻ അവിടെയും തൃപ്തനാണ് താൻ ആ ജയിലിലായിരിക്കുമ്പോൾ തൻ്റെ സന്തോഷം കണ്ട് അനേക ജയിൽപ്പുള്ളികൾ മറ്റ് പല ജയിൽപുള്ളികൾ വാജുബന്നിയോട് വന്നിട്ട് ആത്മീയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വാജ്ബന്യി അവരോടൊക്കെ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും അവരെ പലരെയും ക്രിസ്ത്യാനികളാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അത് അത് ജയിലധികാരികൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് മുറിച്ചു എന്നാണ് ഒരു കഥ എന്നു വെച്ചാൽ നീ നാക്കുകൊണ്ട് ഇനി ആരോടും സുവിശേഷം പറയരുത് പക്ഷേ നാവ് മുറിച്ച വാച്ച്മാന്യയുടെ മുഖത്തെ സന്തോഷം കണ്ടു തന്നെ ചിലർ ക്രിസ്ത്യാനികളായെന്നാണ് അതിൻ്റെ മറുവശം പറയുന്നത് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ തന്നെ തന്നെ ശൂന്യമാക്കുന്നതൊരു നഷ്ടമല്ല നഷ്ടമല്ല അത് ദൈവം സ്വർഗം അത് കണക്കെടുക്കുന്നുണ്ട് സ്വർഗമെന്തു ചെയ്യുന്നു സ്വർഗം പറയുന്നു അവൾ തന്നെ അലാവത് ചെയ്തു ഷീ ഡിഡ് വാട്ട് ഷീ കുഡ് ഓ അതുപോലെ യഥാർത്ഥ സുവിശേഷം പോകുന്നിടത്തെല്ലാം ഈ സന്ദേശവും കൂടെ പോണം വാച്ച്മാനി തൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുപോയി എന്നിട്ട് എന്ത് സംഭവിച്ചു ഒടുവിൽ അദ്ദേഹം അദ്ദേഹം മരിച്ചു തടവറയിൽ നിന്ന് വിട്ടു ഉടനെ തന്നെ മരിച്ചു അന്ന് ആളുകൾ പറയും ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നഷ്ടമായിപ്പോയി എന്തെല്ലാം സാധ്യതയുള്ള ആളായിരുന്നു എന്നാൽ പിന്നീട് ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് യഥാർത്ഥ ക്രിസ്തീയതയെ അന്വേഷിക്കുന്ന ആളുകൾ പലരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയാണ് ഓ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി കർത്താവിനായിട്ട് ജീവിക്കുന്നതിൽ പ്രയാസപ്പെടരുത് അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും കർത്താവ് മാനിക്കും നമ്മൾ ഇന്നൊക്കെ പറയുന്ന എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്ത കർത്താവ് ഉടനെ ഈ ലോകത്തിൽ തന്നെ നമുക്ക് ഗൾഫിന് പോകാൻ ഒരു വിസ കിട്ടും അല്ലെ അമേരിക്കയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ മെറ്റീരിയലായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത് എന്നാൽ വാജുമാനേക്ക് ഈ ലോകത്ത് ആ നിലയിൽ ഒരു റിട്ടേൺ കിട്ടിയില്ല ഒരു പ്രതിഫലം കിട്ടിയില്ല താനൊന്നുമല്ലാത്തവനായിട്ട് മരിച്ചു എന്നാൽ ഇന്ന് നാളുകൾ കഴിയുമ്പോഴോ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആളുകളെ പ്രചോദിപ്പിക്കുന്നു കർത്താവിനായിട്ട് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ തങ്ങളെ തന്നെ ഇല്ലായ്മയാക്കാൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുസ്തകങ്ങളൊക്കെ പിന്നീട് അദ്ദേഹം എഴുതി വെച്ച നോട്ടിൽ നിന്ന് പല ചിലർ പ്രിപ്പയർ ചെയ്തുണ്ടാക്കിയതാണ് അല്ലാതെ അദ്ദേഹം എഴുതിയതല്ല ഒരു പുസ്തകം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എഴുതിയുള്ളൂ എന്നാണ് കഥ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു ജീവിതം നമ്മൾ കർത്താവിനെ സേവിപ്പനായിട്ട് വിളിച്ചിരിക്കുന്നു അത് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഞായറാഴ്ച മീറ്റിങ്ങിന് പോകുന്നുണ്ട് അവിടെ പെട്ടി കൊണ്ടുവന്ന് കുറച്ച് പൈസ ഇടുന്നുണ്ട് അല്ലേ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടല്ലേ മറിച്ച് ഈ തന്നെ തന്നെ തന്നെ തന്നെ കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹ ശുശ്രൂഷയിൽ ചിലവുള്ള ഒരു ശുശ്രൂഷ ചെയ്ത ഈ സ്ത്രീയുടെ അനുഭവം അല്ലെങ്കിൽ ഈ വാജ്മാനിയെ പോലുള്ള ദൈവദാസന്മാരുടെയൊക്കെ അനുഭവം അത് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ നമുക്കത് പ്രചോദനമായി തീരട്ടെ നമ്മൾ വിചാരിക്കരുത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം നമുക്ക് ക്രിസ്തീയ ലോകവും നമുക്കൊത്തിരി നേട്ടങ്ങൾ തരും നമ്മളെ ബഹുമാനിക്കും നമ്മളെ അംഗീകരിക്കും ആരാലും അറിയപ്പെടാതെയും അംഗീകരിക്കപ്പെടാതെയും തന്നെ നമ്മൾ പലരുടെയും ജീവിതം അങ്ങ് അവസാനിച്ചു പോവും ഞാനൊരിക്കൽ ഇംഗ്ലീഷിലൊരു കവിതയുണ്ട് ഇംഗ്ലീഷിലൊരു ഞാനൊരിക്കൽ എൻ്റെ ജീവിതത്തിലൊരു ഘട്ടത്തിൽ ഞാൻ ആ കവിതയിലെ ചില വരികളെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു റോബർട്ട് ഫോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കവി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ദ റോട്ട് നോട്ട് ടേക്കൺ എടുക്കാതെ പോയ പാത എടുക്കാതെ പോയ പാത എടുക്കാതെ പോയ പാത ആ കവിതയിൽ പറയുന്നത് ഒരാൾ ഒരിടത്തേക്ക് ചെന്നപ്പം വഴി അവിടെ രണ്ടായിട്ട് പിരിയുക വഴി രണ്ടായിട്ട് പിരിയുന്നു വഴി രണ്ടായിട്ട് പിരിയുന്നു രണ്ട് വഴിയിലൂടെയും പോകാൻ ഒക്കുകയല്ലേ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോകാനൊക്കെ ഒരു വഴി അങ്ങോട്ട് ഒരു വഴി ഇങ്ങോട്ട് ഇതിലേത് വഴി തിരഞ്ഞെടുക്കണം ഇദ്ദേഹം നോക്കി ഈ ചെന്നാൾ നോക്കി ചെന്ന ആൾ ഒരു വഴി വളരെ ധാരാളം പേര് നടന്ന് ഓ കല്ലും മുള്ളും എല്ലാം മാറി നല്ല നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന നല്ലൊരു വഴി മറ്റേ വഴിയോ മറ്റേ വഴി ചുരുക്കം പേര് മാത്രം നടന്നു പോയ ഒരു ഒറ്റയടി പാത കവി പറയുക ഈ രണ്ട് വഴികൾ ഞാൻ നോക്കി ഈ വഴി രണ്ടായിട്ട് പിരിയുക കൂടുതൽ പേര് നടന്നു പോയ ഒരു പാതയുണ്ട് കുറച്ച് പേര് മാത്രം നടന്ന ഒരു പാതയുണ്ട് ഇതിലേതു വഴി തിരഞ്ഞെടുക്കണം കവി പറയുന്നു ഞാൻ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു കുറച്ചു പേര് പോയ മാത്രം പോയാൽ ആ വഴി തിരഞ്ഞെടുത്തു ഐ ടുക്ക് ദ പാസ് ദ ലെസ് പീപ്പിൾ ട്രാവൽ കുറച്ച് പേര് മാത്രം യാത്ര ചെയ്ത ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തു ആൻഡ് ഇറ്റിയാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് അതാണ് എല്ലാ വ്യത്യാസവും വരുത്തിയത് എന്ന് പറഞ്ഞാണ് ആ കവിത അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പം വളരെ പോപ്പുലറായ ഒരു വഴിയുണ്ട് ആ വഴി അനേകം പേര് നടന്നതാണ് അത് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം പക്ഷേ ഇവിടെ റോബർട്ട് ഫ്രഷിൻ്റെ കവിതയിലെ കവി പറയുന്നത് പോലെ അല്ലെങ്കിൽ കഥാനായകൻ പറയുന്ന പോലെ അദ്ദേഹം എന്ത് ചെയ്തു കുറച്ച് പേര് മാത്രം പോയാൽ ഒരു പാത തിരഞ്ഞെടുത്തു പക്ഷെ അതാണ് എല്ലാ വ്യത്യാസവും വരുത്തിയത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം പേര് പോകുന്ന ഒരു വഴിയാണോ തിരഞ്ഞെടുക്കുന്നത് ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ധാരാളം പേരും പറഞ്ഞതെന്താ ഇതൊരു വെറു ചെലവന്നാ പറഞ്ഞത് ഇതൊരു പാഴാക്കലാണെന്നാണ് പറഞ്ഞത് ജീവിതത്തെ ഈ നിലയിൽ നഷ്ടപ്പെടുത്തണ്ടെന്നാണ് പറഞ്ഞത് യ എന്നാൽ ആ സ്ത്രീ തീരുമാനിച്ചു ഞാൻ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ചെലവാക്കി കളയും ഓ നഷ്ടമാക്കിക്കളയും ദാവീതിൻ്റെ ജീവിതത്തിൽ നമ്മളങ്ങനെയൊരു സംഭവം കാണുന്നുണ്ട് താന് താന് ഒരിക്കലും പറഞ്ഞു ഈ കിണറ്റിൽ നിന്ന് എനിക്ക് ആര് കുടിക്കാനായിട്ട് വെള്ളം കൊണ്ട് തരും എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഒന്ന് ദിനവൃത്താന്തത്തിലാണ് ആ സംഭവം കാണുന്നത് ഒന്ന് ദിനവൃത്താന്തം വളരെ വേഗത്തെ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് നോക്കാം ഒന്ന് ദിനവൃത്താന്തം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അധ്യായത്തിൽ അപ്പോൾ ദാവീദ് ദാവീദ് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഒന്ന് ദിനവൃത്താന്തം പതിനൊന്നിൻ്റെ പതിനേഴ് ഭേദഹയം പട്ടണവാതിക്കിലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരും എന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു അപ്പോൾ മൂന്ന് പേര് മൂന്ന് വീരന്മാരെ ഫലിസ്തീറിൻ്റെ പാളയത്തിൽ കൂടെ കടന്ന് ചെന്ന് ബേദളഹയും പട്ടണവാതിക്കിലെ നിന്ന് വെള്ളം കോരി ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു ഈ സംഭവം നമുക്കറിയാം ബേദളഹയും ആ പട്ടണമൊക്കെ അന്ന് കാത്ത് കിടന്നതാര അത് അത് ആരുടെ നിയന്ത്രണത്തിലായിരുന്നു ഫലിസ്തീൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ദാവീദ് എന്തോ ചെയ്തു ദാവീദ് ഒരു ഗ്രഹാതുരതയോടെ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഒരു താല്പര്യം പറയുന്ന പോലെ ഇരുന്ന് പറഞ്ഞു എനിക്ക് ഭേദളയും പട്ടണത്തിലെ ആ കിണറ്റിൽ വെള്ളം കുടിച്ചാൽ കൊള്ളായിരുന്നു ഉടനെ ദാവീദിൻ്റെ മൂന്ന് വീരന്മാർ തങ്ങളുടെ ജീവിതം തങ്ങളുടെ ജീവിതത്തെ ഒരളവിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫലിസ്തീൻ്റെ പാളയത്തിനിടെ കൂടെ കടന്നു എന്ന് ആ കിണറ്റിൽ വെള്ളം കോരി കൊണ്ടുവന്ന് ദാവീദിനു കൊടുത്തു ദാവീദ് അന്നേരം എന്തോ ചെയ്തു വെള്ളം പട്ടണത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ീതോ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ദാവീതോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചു കണ്ടോ ഈ വെള്ളം പോലെ ഈ വെള്ളം സത്യത്തിൽ എന്തിനാണ് കൊണ്ടുപോകുന്നത് ഈ വെള്ളം കൊണ്ടുപോകുന്നതിൻ്റെ പ്രയോജനം ഉണ്ടായോ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആര് കുടിക്കണമായിരുന്നു ദാവിത് കുടിക്കണമായിരുന്നു കുടിച്ചിരുന്നെങ്കിൽ അത്രേലും പ്രയോജനം ഉണ്ടായിരുന്നു ദാവീത് പക്ഷേ കുടിച്ചുമില്ല ഇവർ കഷ്ടപ്പെട്ട് വെള്ളം കൊണ്ടുവരികയും ചെയ്തു ഈ വെള്ളം എന്തായിത്തീർന്നു നിവേദിച്ച് ദൈവത്തിനൊഴിച്ചു അത് വെറും തറ തറയിൽ അങ്ങ് ആവിയായിപ്പോയി അങ്ങില്ലാതായിപ്പോയി പാഴായിപ്പോയി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സുഗന്ധവർഗത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു സംഭവമാണ് പക്ഷേ അത് ദൈവത്തിനൊരു നിവേദ്യമായിട്ടാണിവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ രണ്ട് തീമത്തിയോസ് നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ പൗലോസ് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് ഞാനിപ്പോഴെന്ത് ചെയ്യാൻ പോകുന്നു ഞാന് ഒരു പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടാൻ പോവുക പാനീയയാഗം എന്ന് പറയുന്നത് പല യാഗങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ടല്ലോ ഈ പാനീയയാഗമെന്ന് പറയുന്നത് അത് ആ വീഞ്ഞ് ഒഴിച്ചു കളയുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മേളിൽ അങ്ങ് ഒഴിച്ചു കളയുകയാണ് ചെയ്യുന്നത് ഒരളവിലൊരു നഷ്ടപ്പെടല നഷ്ടപ്പെടല പൗലോസിൻ്റെ ജീവിതം രണ്ട് തീമത്തി ദിവസം ആ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം അവിടെ താൻ പറയുന്നു ഞാനിപ്പോഴെന്തായി തീരാൻ പോകുന്നു ഞാൻ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടാൻ പോവുക നഷ്ടമായി പോവുക നഷ്ടമായി പോവുക പക്ഷേ ആ പാനീയാകം ആർക്കാണ് സൗരപ്യവാസനയാകുന്നത് ദൈവത്തിനാ സൗരപ്യവാസനയാകുന്നത് ഇത് നിവേദിച്ചൊഴിച്ചത് ആർക്കാണ് ദൈവത്തിനാണ് നിവേദിച്ചൊഴിച്ചത് ഞാനെൻ്റെ വാക്കുകളെ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ഇന്ന് രാവിലെ മനോഹരമായ ഒരു പാട്ടിൻ്റെ രണ്ടു വരികൾ പാടിക്കൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ഇന്ന് നമ്മുടെ പാട്ടിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചത് എന്താ നീ വളർന്നു ഞാൻ കുറഞ്ഞു നിന്നിൽ മറഞ്ഞു ഞാൻ മായണം ഒരു നഷ്ടപ്പെടുത്തല അല്ലേ നീ വളർന്നു ഓ ഞാൻ എന്തു ചെയ്യണം ഞാൻ കുറഞ്ഞു നിന്നിൽ മറഞ്ഞു ഞാൻ മായണം ഒരു നഷ്ടമാകല ഒരു പാഴാകല പക്ഷേ യഥാർത്ഥ സുവിശേഷത്തോട് ചേർന്ന് ഈ പാഴാകലിൻ്റെ ഒരു സന്ദേശം പോകണം പ്രിയ സഹോദര സഹോരി ഞാൻ നീയും ഇന്ന് ദൈവസന്നിധി നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ വലിയൊരളവിൽ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യസനിക്കല്ലേ അതിനെക്കുറിച്ച് വിഷമിക്കല്ലേ അയ്യോ ഞാനൊരു മണ്ടനായിപ്പോയി എന്ന കരുതല്ലേ കാരണം ലോകമങ്ങനെ പറഞ്ഞേക്കു അയ്യോ മണ്ടന എന്തൊരു സാധ്യതയായിരുന്നു എന്തൊരു സാധ്യതയായിരുന്നു എല്ലാവരും നടന്ന് ആ വഴി എടുത്താൽ പോരായിരുന്നു ചുരുക്കം ചിലർ മാത്രം നടന്ന ഈ കൊച്ചു വഴി ഇടുങ്ങിയ വഴി എന്തിനെടുത്തു ഇവനെപ്പോലെ മഠേനുണ്ടോ ഇവളെപ്പോലെ മഠയുണ്ടോ ലോകമത് പറയും പക്ഷേ നമ്മൾ നമ്മുടെ നിരാശയുടെ സമയത്ത് പോലും അങ്ങനെ പറയല്ലേ കാരണം ഇതെന്താ നമ്മൾ തിരഞ്ഞെടുത്ത ഈ വഴി നമ്മളെ തന്നെ നഷ്ടമാക്കുന്ന ഈ വഴി നമ്മളെ തന്നെ വെറുമയാക്കുന്ന ഈ വഴി നമ്മൾ ഇങ്ങനെ ഈ വഴി തെരഞ്ഞെടുത്തത് ഒരു സ്നേഹത്തെ പ്രതിയാണ് അവനോടുള്ള സ്നേഹം ഇതിനൊരു ചെലവുണ്ട് ആ ചെലവ് നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയാണ് നമ്മളിതിനായിട്ട് വന്നത് ആ ലലിവ്യ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പക്ഷേ സഹോരസഹോരി കർത്താവിനാൽ അഭിനന്ദിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണിത് എൻ്റെയും നിൻ്റെയും ജീവിതം എൻ്റെ മുമ്പിൽ ചെറുപ്പക്കാർ കുറച്ച് പേർ ഇരിപ്പുണ്ടല്ലോ നിങ്ങളെന്താ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അമ്പീഷൻ എനിക്കത് നേടണം ഇത് നേടണം ഓക്കെ എല്ലാം ആയിക്കോട്ടെ അപ്പോൾ തന്നെ ഈ ജീവിതത്തിന് ഒരു അർത്ഥം നൽകുന്നത് കർത്താവിനായിട്ട് ജീവിക്കുന്നതിലാണ് ഈ ജീവിതത്തിന് ഒരു അർത്ഥം ലഭിക്കുന്നത് അതുമാത്രമാണ് സമയോചിതമായിട്ട് ചെയ്യാവുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം സമയം കഴിഞ്ഞു പോയി ആ കർത്താവിനെ സുഗന്ധവർഗ്ഗം പൂശാനായിട്ട് ഓ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ അവർ വരുമ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി നമ്മളായിരിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കുക കർത്താവേ കർത്താവേ ഞാൻ നിനക്കായിട്ട് ജീവിക്കും അതിൻ്റെ അർത്ഥം നമ്മൾ പഠിത്തം നിർത്തി ജോലിയും വേണ്ടെന്ന് വെച്ച് നടക്കണമെന്നാണോ അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളെ കൊണ്ടാകുന്നതെല്ലാം ചെയ്യുക ഈ ലോകത്ത് തന്നെ നമ്മൾ ജീവിക്കുക പക്ഷേ നമ്മുടെ പ്രയോറിറ്റികൾ വ്യത്യാസമാണ് നമ്മുടെ മുൻഗണനകൾ വ്യത്യാസമാണ് നമ്മൾ നമ്മുടെ പ്രൊഫഷണലെ ഒരു നേട്ടമല്ല നോക്കുന്നത് അല്ലെങ്കിൽ ഈ സമൂഹം നമുക്കെന്താ തരാൻ പോകുന്നത് എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത് നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ കർത്താവിൻ്റെ മുമ്പാകെ എൻ്റെ ജീവിതം അവനൊരു സ്നേഹ ശുശ്രൂഷയായിരിക്കണം എൻ്റെ ജീവിതം ഒരു സൗരഭ്യത്തിൻ്റെ ശുശ്രൂഷയായിരിക്കണം ആ ലലൂയ്യ ഇതിനെ മറ്റ് ലോകം തെറ്റിദ്ധരിച്ചോട്ടെ ശിഷ്യന്മാരെന്ന് പറയുന്നവർ തന്നെ തെറ്റിദ്ധരിച്ചോട്ടെ ഈ സുവിശേഷവിധ സഭകൾ തന്നെ തെറ്റിദ്ധരിച്ചോട്ടെ പക്ഷേ കർത്താവ് എന്തോ ചെയ്യും കർത്താവ് ഇതിനെ അഭിനന്ദിക്കും കർത്താവ് ആ ആ സ്ത്രീയുടെ ഭാഗത്താ നഷ്ടമാക്കി കളഞ്ഞതിൻ്റെ ഭാഗത്താണ് ഹാൽ അലുയ്യ ഇത് ലോകത്തിന് മനസ്സിലാകാത്ത ഒരു ഒരു ആത്മീയ രഹസ്യമാണ് പ്രിയപ്പെട്ടവര് നമുക്ക് നമുക്കതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഓ ഞാൻ നഷ്ടമാക്കി കളഞ്ഞു ഞാൻ വേണ്ടെന്ന് വെച്ചു ഞാൻ മഠേനായിപ്പോയി എന്നുള്ളതല്ല ഞാന് ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇന്നൊരു ഫോഷനാണെങ്കിലും കർത്താവ് എന്നെ അഭിനന്ദിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആളുകളോട് പറയുന്നില്ലെങ്കിലും എൻ്റെ ജീവിതം തന്നെ ഈ വഴിയിൽ പോകാൻ അനേകരെ ആകർഷിക്കുന്ന ഒരു സൗരഭ്യമാണ് ഒരു പെർഫ്യൂമാണ് ആളുകൾ നമ്മളെ വളരെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കും ഇവൻ എന്തുകൊണ്ട് അത് തിരഞ്ഞെടുത്തു ഓ നമ്മളേത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ് എല്ലാ വ്യത്യാസവും വരുത്തുന്നത് അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനായിട്ടൊരു പകുതി മനസ്സോടെയാണ് കർത്താവിനെ സേവിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ മനസ്കരായിട്ട് കർത്താവിനായിട്ട് സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക അതിൻ്റെ അകത്ത് നഷ്ടങ്ങൾ ഉണ്ടാവാം അതിൻ്റെ അകത്ത് കഷ്ടങ്ങൾ വരാം നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ സമൂഹത്തിൽ തന്നെ പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയൊരു രീതിയിലേക്ക് വരികയാണ് എപ്പോഴും നമുക്ക് ഈ നിലയിൽ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ ആരാധിക്കാനും ഒക്കെ കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷേ പക്ഷേ നമ്മൾ ഈ കാര്യം ഇപ്പോഴേ ഉറപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഓ വിഷമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കർത്താവിനായിട്ട് നിൽക്കാനൊക്കാതെ പോകും അതുകൊണ്ട് ഇപ്പോൾ ഈ നല്ല നാളുകളിൽ തന്നെ തീരുമാനിക്കുക കർത്താവെ ഞാനൊരു പകുതി മനസ്സോടെ നിന്നെ സേവിക്കുകയില്ല പല ശിഷ്യന്മാരും അങ്ങനെ സേവിക്കുന്നവരുണ്ടായിരിക്കും ഇതുകൊണ്ടുള്ള നേട്ടം കണക്ക് കൂട്ടുന്നവരുണ്ടായിരിക്കും മുന്നൂറ് വെള്ളിക്കാശ് കിട്ടുമെന്ന് കണക്ക് കൂട്ടുന്നവരുണ്ടായിരിക്കും അവരുടെ ഭാഗത്തല്ല ഞാൻ മറിച്ച് നഷ്ടമാക്കി കളയുന്ന ആ മറിയയുടെ ആ സ്ത്രീയുടെ ഭാഗത്ത് ആ ഭാഗത്ത് ഞാൻ നിൽക്കും നിനക്കായിട്ട് സമ്പൂർണമായിട്ട് ജീവിക്കും എന്ന ചെറുപ്പക്കാരെ നിങ്ങളൊരു തീരുമാനമെടുക്കുക അതുപോലെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ഒരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ഇന്ന് ലോകം നിങ്ങളെയും എന്നെയും മടയരെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകല്ലേ നമ്മൾ വിഷമിച്ചു പോകല്ലേ അയ്യോ ഞാൻ മടയനായിപ്പോയി അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് കരുതിപ്പോകല്ലേ മറിച്ച് ഓ ഇത് അനേകർക്ക് സുഗന്ധം നൽകുന്ന ഒരു ജീവിതമാണ് ഇതിൻ്റെ മഹത്വം നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ എല്ലാം കാണുന്നവനായ കർത്താവ് പറയുന്നു അവൻ അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് എമീ കാർ മൈക്കിൾ എന്ന് പറയുന്ന ദൈവഭൃത്യ അവരെ വളരെ നല്ല നിലയിലെ വിദേശത്ത് ജീവിച്ചിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു അവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദേവദാസി സമ്പ്രദായം ഇന്ത്യയിൽ നിലവിലിരുന്നപ്പോൾ അതായത് പലരും തങ്ങളുടെ പെൺമക്കളെ ക്ഷേത്രത്തിന് വേണ്ടി നിവേദിച്ച് ക്ഷേത്രത്തിൽ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്താ ജീവിതം അവരുടെ ജീവിത ദേവദാസിമാരായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി അനേകരെ ജീവിതത്തിൽ സ്വീകരിച്ചൊക്കെ പക്ഷെ അതിനൊരു ആത്മീയതയുടെ മുഖം മൂടിയിട്ട നമ്മുടെ രാജ്യത്ത് തന്നെ നിലവിലിരുന്നതാണ് ദേവദാസി സമ്പ്രദായം ആ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്ന സ്ത്രീകളെ ഉദ്ധരിക്കാൻ വേണ്ടി ഈ സഹോദരി എമി കർമൈക്കിൾ തൻ്റെ ജീവിതം ഒരളവിൽ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമായിലിട്ടാണ് പറയുന്നത് അവളിവിടെ വന്നു ഇവിടെ വന്ന് താൻ തൻ്റെ ജീവിതം ദൈവം തന്ന കൃപയനുസരിച്ച് അവളെ ജീവിച്ചു ഇവരെ ഉത്തരിക്കാനായിട്ട് ജീവിച്ചു ഒടുവിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെ ആ സഹോദരി കടന്നുപോയി ആ സഹോദരിയുടെ ഡോണാവൂരിലെ കല്ലറയിൽ ഒരു കൊച്ചു വാചകം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ വാചകം ആദ്യം എഴുതി വെച്ചത് ഇപ്പോഴും അവർ വായിച്ച് മറ്റേതോ വാചകം എഴുതി എന്നും ഞാനെ കേട്ടു അപ്പോൾ ആദ്യം ആ കല്ലറയിൽ എഴുതി വെച്ചിരുന്ന വാചകം ഇന്ന് നമ്മൾ വായിച്ച വാചകമാണ് അവൾ തന്നാൽ ആവത് ചെയ്തു അവൾ തന്നാൽ ആവത് ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും കർത്താവ് ഇത് പറയാൻ കഴിഞ്ഞാൽ അത് ധന്യമായി അവൻ അവൻ വലിയ മിടുക്കനൊന്നുമല്ലായിരുന്നു വലിയ കഴിവുള്ള ആളൊന്നുമല്ലായിരുന്നു പക്ഷെ അവൻ അവനാൽ കഴിയുന്നത് ചെയ്തു ആർക്കു ചെയ്തു കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനായിട്ട് ചെയ്തു വേറൊന്നും അവന് ചെയ്യാനുണ്ടായിരുന്നില്ല അവൻ്റെ ജീവിതം തന്നെ അവൻ കർത്താവിനായിട്ട് കൊടുത്തു അതുപോലെ അത് മതി അത് മതി പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കേട്ടവചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ നമ്മളെ തന്നെ അർപ്പിക്കുകയും നമുക്ക് ചെയ്യാം നമ്മളെ